അധ്യായം രണ്ട് ആമോസിന്റെ മകനായ യശയ്യാവ് യഹൂദയെയും യരിശിലേമിനെയും പറ്റി ദർശിച്ച വചനം അന്ത്യകാലത്ത് യഹോബയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്കുമീതെ ഉന്നതവുമായിരിക്കും സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും അനേക വംശങ്ങളും ചെന്ന് വരുവീൻ നമ്മുടെ യഹോവയുടെ പർവ്വതത്തിലേക്ക് യാക്കോവിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറിച്ചെല്ലാം അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും സിയോനിൽ നിന്ന് ഉപദേശവും എരുശിലെമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചുതീർക്കും ജാതി ജാതിക്കു നേരെ വാളോങ്ങുകയില്ല അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയും ഇല്ല യാക്കോപഗ്രഹമേ വരുവീൻ നമുക്ക് യഹോവിയുടെ വെളിച്ചത്തിൽ നടക്കാം എന്നാൽ നീ യാക്കോപഗ്രഹമായ നിന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവർ പൂർവ്വദേശക്കാരുടെ മര്യാദകളാൽ നിറഞ്ഞു ഫെലിസ്ഥിരപ്പോലെ പ്രശ്നക്കാരായും അന്യജാതിക്കാരോട് കൈയടിച്ചവരായും ഇരിക്കുന്നു അവരുടെ ദേശത്ത് വെള്ളിയും പൊന്നും നിറഞ്ഞിരിക്കുന്നു അവരുടെ നിക്ഷേപങ്ങൾക്ക് കണക്കില്ല അവരുടെ ദേശത്ത് കുതിരകൾ നിറഞ്ഞിരിക്കുന്നു അവരുടെ രഥങ്ങൾക്കും എണ്ണമില്ല അവരുടെ ദേശത്ത് വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു സ്വവിരൽ കൊണ്ടുണ്ടാക്കിയ കൈപ്പണിയെ അവർ നമസ്കരിക്കുന്നു മനുഷ്യൻ വണങ്ങുന്നു പുരുഷൻ കുനിയെന്നോ ആകയാൽ നീ അവരുടെ ക്ഷമിക്കരുതേ യഹോവയുടെ ഭയങ്കരത്വം നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും നീ പാറയിൽ കടന്ന് മണ്ണിൽ ഒളിച്ചുകൊള്ളുക മനുഷ്യരുടെ നികളിച്ച കണ്ണ് താഴും പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും സൈന്യങ്ങളുടെ ഹോവയുടെ നാൾ ഗർവവും ഉന്നതഭാവവുമുള്ള എല്ലാറ്റിന്മേലും നികളമുള്ള എല്ലാറ്റിന്മേലും വരും അവ താണുപോകും ലബാനോനിലെ പൊക്കവും ഉയരവുമുള്ള സകല ദേവതാരുക്കളിന്മേലും ബാഷാനിലെ എല്ലാ കരുവേലകത്തിന്മേലും ഉയർന്നിരിക്കുന്ന സകല പർവ്വതങ്ങളിന്മേലും ഉയരമുള്ള എല്ലാ കുന്നുകളിന്മേലും ഉന്നതമായ സകല ഗോപുരത്തിന്മേലും ഉറപ്പുള്ള എല്ലാ മതിലിന്മേലും എല്ലാ തർശീസ് കപ്പലിന്മേലും മനോഹരമായ സകല ശൃംഗാരഗോപുരത്തിന്മേലും വരും അപ്പോൾ മനുഷ്യന്റെ ഗർവം കുനിയും പുരുഷന്മാരുടെ ഉന്നതഭാവം താഴും യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും മിഥ്യാമൂർത്തികളോ അശേഷം ഇല്ലാതെയാകും യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവർ അവന്റെ ഭയങ്കരത്വം നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗുഹകളിലും മണ്ണിലെ പോതുകളിലും കടക്കും യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ഭയങ്കരത്വം നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭനിമിത്തവും പാറകളുടെ ഗഹരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കടക്കേണ്ടതിന് ൾ നമസ്കരിപ്പാൻ വെള്ളികൊണ്ടും പൊന്നുകൊണ്ടുമുണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യർ ആ നാളിൽ തുരപ്പനെലിക്കും നരിച്ചീറിനും എറിഞ്ഞുകളയും മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവേൻ അവനെ എന്തുവിലമതിപ്പാനുള്ളൂ